എന്റെ മുൻപിലുള്ള തൗറാത്ത് ശരിവെച്ചുകൊണ്ടും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ അനുവദിച്ചു തരുന്നതിനുമായിട്ടാണ് ഞാൻ വന്നത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക